വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ രണ്ടുപുരിന്തീർ നാലാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടുപുരിന്തീർ നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഇവിടെ പറയുന്ന പലപ്പോഴായി നമ്മുടെ കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളിലുമൊക്കെ നാം ഈ കേൾക്കുന്ന ഈ സത്യങ്ങൾ ഇതൊരു തേജസ് ഉള്ള സുവിശേഷമാണ് തേജസ്സുള്ള സുവിശേഷം എന്നാൽ ഈ തേജസ് ഉള്ള പ്രകാശനം ഹൃദയങ്ങളിൽ ശോഭിക്കരുത് അത് ഹൃദയങ്ങളിൽ അതിൻ്റെ വെളിച്ചം കിട്ടരുത് അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടരുത് എന്ന് ഇത് ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാത്ത വിശ്വാസികളുടെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മൾ ദൈവസഭയിൽ വന്നതിന് ശേഷവും ഇങ്ങനെയുള്ള തേജസ് ഉള്ള സുവിശേഷം അത് ഹൃദയത്തിൽ പ്രകാശനം ലഭി ഇല്ലാതെ ഹൃദയം കുരുടായിപ്പോകണം എന്ന് പിശാജിന് വളരെ താല്പര്യമുണ്ട് അത് പറഞ്ഞിട്ട് പൗലൂസ് പറയുന്നു അതിൻ്റെ തൊട്ടടുത്തവാക്യം ഞങ്ങളെ തന്നെ ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്ര ഞങ്ങൾ പ്രശംസിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു പൗലോസിന് ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ രണ്ടു ഗുരുന്തിയറൊക്കെ വായിക്കുമ്പോൾ രണ്ട് ഗുരന്തിർ പല പൗലോസ് ഈ കാര്യങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നതിനെക്കുറിച്ചും ഈ ക്രൂശിൻ്റെ മാർഗത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് പൗലോസ് പറയുന്നുണ്ട് എന്നാൽ ഈ മാർഗത്തെക്കുറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ അത് ശോഭിക്കരുത് മനസ്സിലാകരുത് ഞാനത് പ്രത്യേകിച്ച് നമ്മൾ പല വർഷങ്ങളായിട്ട് ഇവിടെ സഭയിലായിരിക്കുന്നു സഭയിലായിരിക്കുമ്പോൾ എനിക്ക് ഞാനീ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എനിക്കതിനെക്കുറിച്ചൊരു വെളിച്ചമുണ്ടോ എനിക്കതിനെക്കുറിച്ചൊരു പ്രകാശമുണ്ടോ അതെങ്ങനെയാണ് നമ്മൾ അറിയുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണ് നമുക്കറിയുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ സ്വയത്തിൻ്റെ ശക്തിയും സ്വയത്തിൻ്റെ ബലവുമാണോ വെളിപ്പെടുന്നത് അതോ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനും താഴ്മയോടെ കർത്താവെ കർത്താവിൻ്റെ കയ്യിൽ ഈ കാര്യത്തെ ഏൽപ്പിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ എഫ് എസ് എ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ പിശാജിനോടുള്ള പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എഫ് എസ് എ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അതിനോട് ചേർന്ന് പറയുന്നത് പിശാജിനോട് പോരാടണമെങ്കിൽ പിശാജിൻ്റെ ഈ തന്ത്രം പിശാജ് നമ്മെ ആത്മ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മുമ്പോട്ട് പോകുന്നതിന് തടയുന്ന പിശാജിൻ്റെ ഈ തന്ത്രത്തിനെതിരെ ഒക്കെ നമുക്ക് നിൽക്കണമെങ്കിൽ അവിടെ പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അത് ജോലിസ്ഥലത്താകട്ടെ വീട്ടിലാകട്ടെ സഭയിലാകട്ടെ എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തിയോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു പോരാട്ടം ഒരു ആ വ്യക്തിയോടുള്ള ആ വ്യക്തി അവനങ്ങനെ ചെയ്തല്ലോ എന്നോടങ്ങനെ ചെയ്തല്ലോ അതിനെതിരെ തിരിച്ച് ചെയ്യാനും അതിന് ആ രീതിയിലുള്ള ഒരു പോരാട്ടം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർലോകത്തിലെ ദുഷ്ടാത്മയോ സേനയോടും നമുക്ക് പോരാടണമെങ്കിൽ നമുക്ക് ഇവിടെ പോരാട്ടം ഉണ്ടാകരുത് നമ്മൾ അതുപോലെ രണ്ട് ഗുരുന്തീകളിൽ തന്നെ പത്താം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു പോലൂസ് ഈ കാര്യത്തെക്കുറിച്ച് അവിടെയും പോലൂസ് അവിടെ പറയുന്നുണ്ട് അവിടെ പറയുന്നത് മൂ പത്താം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല അപ്പോൾ നമ്മെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്രകാരം ജഡപ്രകാരം പോരാടുന്ന ഒരു മനോഭാവം നമ്മൾ കാണുമ്പോൾ ഉടനെ തന്നെ നമ്മളെ മനസ്സിലാക്കണം ഞാൻ ഈ കേൾക്കുന്ന ഈ വഴിയിലല്ല ഞാൻ പോകുന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ പോരാടുന്നു ഞാനവിടെ മത്സരിക്കുന്നു ഞാനതിനെ ഞാൻ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് എൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ഞാൻ നോക്കുന്നു എന്നിട്ട് പോലീസ് പറയുന്നു ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ പത്താം അധ്യായത്തിൻ്റെ മൂന്നോ നാലോ അഞ്ചും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് രണ്ട് കുരുന്തിർ പത്തിൻ്റെ അവയാൽ ഞങ്ങളുടെ പോര് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജടികങ്ങളോ അല്ല കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു എന്ന് പറയും നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ചിന്തകൾ മനസ്സിലേക്ക് ഉയർന്നു അല്ലെങ്കിൽ നമ്മെ തന്നെ ഉയർത്തുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങൾ പലതരത്തിലുള്ള ചിന്തകൾ നേരത്തെ സോദര്മാര് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നന്നായി ചെയ്ത ഒരു കാര്യം അത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ സങ്കല്പം ഇങ്ങനെ മനസ്സിലേക്ക് പൊങ്ങി പൊങ്ങി പൊങ്ങി പൊങ്ങി വരുമ്പോ ഞാൻ ജഡപപ്രകാരം ഞാൻ പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ആണെങ്കിൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് പ്രിയ സുരസന്മാരെ നമ്മൾ ഈ കേൾക്കുന്ന സത്യങ്ങൾ നമുക്ക് അത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മളത് വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളൊരുതരം വഞ്ചനയിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിനോട് ചേർന്ന് അനുതാപം തകർച്ച ഒരു നുറുക്കം എന്നെക്കുറിച്ചുള്ള ഒരു വെളിച്ചം എനിക്ക് കിട്ടുന്നില്ല ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എനിക്ക് ഈയിടെ പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ചിന്തിക്കാനിടയായത് നമ്മുടെ ഈ സംസ്ഥാനത്തല്ല വേറെ ഒരു ഉള്ള ഒരു സഭയിൽ ആ സഭയിലെ ഒരു എൽഡറിൻ്റെ ഭാര്യയാണ് ഈ സഹോദരി വളരെയധികം ഒരു തരം നികളത്തിലും പെട്ട് ആ രീതിയിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മറ്റെല്ലാവർക്കും അത് നികളമാണ് അത് മത്സരമാണ് എന്ന് മറ്റെല്ലാവർക്കും കാണുന്നു പക്ഷേ ആ സഹോദരി ചിന്തിക്കുന്നത് ഞാനൊരു തിരുത്തൽവാദിയായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ആ സഭയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ തരത്തിലുള്ള തന്നെക്കുറിച്ചൊരു ബോധ്യവുമില്ലാതെ ഒരു വെളിച്ചവുമില്ലാതെ എല്ലാം ദൈവവചനത്തിൽ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു ദൈവവചനം ഇങ്ങനെയാണ് സഭ എങ്ങനെയാണ് പോകേണ്ടത് സഭയിൽ ഇങ്ങനെയാണ് ഭർത്താവിൻ്റെ അടുത്ത് മറ്റുള്ള ആളുകളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉപദേശിക്കുകയും അങ്ങനെ ഒരു തരം നികളത്തിൽ കുറേ കഴിഞ്ഞപ്പം അത് സഭയ്ക്ക് പോലും ഡാമേജ് ആകുമെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉള്ള ഭർത്താവായ എല്ലറിനെ പോലും ഈ സഹോദരിയെ സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു എന്നിട്ടും വീണ്ടും ഈ ഒരു മനോഭാവം തുടരുകയാണ് തുടരുന്നിട്ട് ദൈവവചനത്തെ തന്നെ ഉദ്ധരിച്ച് ഈ ദൈവവചനത്തിൽ ഇങ്ങനെ പറയും അതിനിടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തിരുത്തലുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ യശിയാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിക്കുന്നു ഉദ്ധരിച്ചിട്ട് ഏഷ്യാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അവസാനം പറയുന്നു മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ അവനെ എന്തിന് വിലമതിക്കുവാനുള്ളൂ ദൈവവചനം ദൈവചനമാണ് ദൈവചനത്തെ ഉദ്ധരിച്ച് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിയൻ അവനെ എന്തിനു വില മതിക്കുന്നു നമ്മൾ എത്ര എത്രയൊരു വഞ്ചനയിൽ അകപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് ഈ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുവിൻ എന്ന് യശ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം എഴുതിയിരിക്കുമ്പോൾ അവിടെ ആ രണ്ടാം അധ്യായത്തിന്റെ പശ്ചാത്തലവും രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം വാക്യം മനുഷ്യരുടെ നികളിച്ച് കണ്ണ് താഴും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും യഹോവ മാത്രം അന്നാളിൽ ഉന്നതമായിരിക്കും എന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു പതിനേഴാം വാക്യം അപ്പോൾ മനുഷ്യൻ്റെ ഗർഭം കുനിയും പുനുഷന്മാർ പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും യഹോവ മാത്രം അന്നാളിൽ ഉന്നതമായിരിക്കും യഹോവ മാത്രം ഉന്നതനായിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ അശിയാവിൻ്റെ രണ്ടാം അധ്യായത്തിൽ അവസാനം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുകയും അവനെ എന്തിന് വിലപതയ്ക്കുവാനുള്ളൂ എന്ന് വായിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് വായിക്കേണ്ടത് നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കരു വഞ്ചിക്കാതിരിക്കണമെങ്കിൽ കർത്താവേ ആ മനുഷ്യൻ ഞാനാണ് ആ മനുഷ്യൻ ഞാനാണ് ദൈവവചനത്തിൽ നമുക്ക് നമ്മെ തന്നെ കാണാനായിട്ട് കഴിയണം കർത്താവേ ആ മനുഷ്യൻ ഇത്രയും പെട്ടെന്ന് നികളിച്ചു പോകുവാൻ കഴിയുന്ന മനുഷ്യൻ ഞാനാണ് എന്നെയാണ് ഞാൻ വിലമതിക്കേണ്ടാത്തത് അപ്പോൾ ഞാൻ ഉടനെ എന്നെ നമ്മളെ തിരുത്തുന്ന ഒരു സഹോദരന് ആ പുള്ളി എന്തിനാ വിലമതിക്കും പറയുന്ന അവരെ എന്തിനാ വിലമതിക്കും ഇവരെ എന്തിനാ ദൈവവചനം ഇങ്ങനെ പറയുന്നില്ലേ ദൈവം എൻ്റെ ദൈവം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവം ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു ദൈവം എന്നെ നയിച്ചിരിക്കുന്നു എത്ര വലിയ ഒരു വഞ്ചനയിലാണ് നമുക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യതയുള്ളത് താഴ്മയോടെ നമുക്ക് നുറുക്കത്തോടെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവേ അത് അവിടെ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്ക് മാറ്റാനുള്ളത് എന്നുള്ളൊരു ബോധ്യത്തോടെ നാം നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് വെളിച്ചം കിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞ് നമ്മെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല മറ്റെല്ലാവരും ചിന്തിക്കുന്നു ഞാനൊരു നികളിയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിയല്ല ഉടനെ ഞാൻ മാത്രം ചിന്തിക്കുന്നു ഞാൻ അല്ല ഞാനാണ് ഏറ്റവും വലിയ ആത്മീയൻ ഞാൻ ഇവിടെ ഒരു ദൈവം എന്നെ ഇവിടെ നിയോഗിച്ച് അയച്ചിരിക്കുകയാണ് ഇതെന്തൊരു വിരോധാഭാസമാണ് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ കർത്താവേ എനിക്ക് കർത്താവേ എനിക്ക് വെളിച്ചം വേണം എനിക്കിതിൻ്റെ കാഴ്ച എനിക്ക് വേണം ഞാൻ ഈയൊരു കാര്യം മാത്രം നിങ്ങളെ കാണിക്കുക മർക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായം മർക്കോസ് എട്ടാം അധ്യായം നമുക്ക് കാര്യങ്ങൾക്കെ കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം ഈ വഴിയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം നമ്മൾ ഈ കേൾക്കുന്ന സത്യങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം നമുക്കൊരു വ്യക്തതയോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം അവിടെ മർക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു എല്ലാം സ്പഷ്ടമായി കണ്ടു ക്ലാരിറ്റിയോടുകൂടെ കാര്യങ്ങൾ കാണാനായിട്ട് എല്ലാം സ്പഷ്ടമായിട്ട് കണ്ടു ദൈവത്തെ സ്പഷ്ടമായിട്ട് കണ്ടു എന്നെ സ്പഷ്ടമായിട്ട് കാണാം എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എനിക്ക് ശരിക്ക് കാണണം ദൈവത്തെ എനിക്ക് ശരിക്ക് കാണണം എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എനിക്ക് കാണണം എനിക്ക് സ്പഷ്ടമായിട്ട് കാണണം സ്പഷ്ടമായിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം അതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്ന വാക്യം കർത്താവ് ചോദിക്കുക കർത്താവ് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നാം കുഴിയിലായിരുന്നു വളരെ കുരുടന്മാരായിരുന്നു കർത്താവ് നമ്മെ സൗഖ്യമാക്കി കർത്താവാണ് സൗഖ്യമാക്കിയത് ഇരുപത്തിമൂന്നാം വാക്യം കുരു അവൻ്റെ കുരുഡൻ്റെ കൈ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു അവനെ സൗഖ്യ അവനെ ആ രീതിയിൽ സൗഖ്യമാക്കിയ ശേഷം കുരുടനെ സൗഖ്യമാക്കിയ ശേഷം കർത്താവര് ചോദ്യം ചോദിക്കും നീ വല്ലതും കാണുന്നുണ്ടോ നീ വല്ലതും കാണുന്നുണ്ടോ നമുക്ക് സത്യസന്ധമായിട്ട് ദൈവത്തിന് സന്നി ദൈവത്തോട് പറയണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്നില്ല ഈ സത്യങ്ങളൊക്കെ കേൾക്കുന്നെങ്കിലും എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മത്സരമുണ്ട് എനിക്ക് പോരാട്ടമുണ്ട് അവിടെ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഉന്നത ഭാവങ്ങളിലും നീളത്തിലും ഞാൻ അന്യോന്യം ന്യായീകരിക്കുകയും പറയുകയും വഴക്കുണ്ടാക്കുകയും ഇക്കെ ചെയ്യുന്ന മത്സരത്തിൻ്റെയൊക്കെ പല ഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയണം കർത്താവേ ഞാൻ ഞാൻ കാണുന്നില്ല ഞാൻ വ്യക്തമായിട്ട് കാണുന്നില്ല ഞാൻ മനുഷ്യരെ കാണുന്നത് മരങ്ങൾ പോലെയാണ് ഞാൻ കാര്യങ്ങളെ ഒന്നും അങ്ങയുടെ വെളിച്ചത്തിലല്ല കാണുന്നത് ഞാൻ അങ്ങ് കാണുന്നത് പോലെ അല്ല കാര്യങ്ങളെ കാണുന്നത് ഞാൻ കർത്താവ് എൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത് അപ്പോ സത്യസന്ധമായിട്ട് നാം കർത്താവിൻ്റെ അടുത്ത് ആ രീതിയിൽ ഇന്നും നാം ചെല്ലുകയാണെങ്കിൽ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ സത്യങ്ങളൊന്നും അത് യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല എനിക്ക് ശരിയായിട്ട് കാണാൻ പറ്റുന്നില്ല എൻ്റെ കാഴ്ച ശരിയല്ല കർത്താവെ ഞാൻ ഇതൊക്കെ കേട്ടിട്ടും പലപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പരാതിയും പരിഭവവും സ്വയസ്നേഹവും സ്വയസഹതാപവും എന്നെ എന്നെ കണ്ടില്ല എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെക്കുറിച്ചുള്ള പരാതികൾ മറ്റുള്ളവർ അവനെന്നോട് അങ്ങനെ ചെയ്തു അവരെന്നോട് എന്നിങ്ങനെ ചെയ്തു അവരെന്നോട് ഇങ്ങനെ ചെയ്യേണ്ടത് ോ ഇങ്ങനെയുള്ള ചിന്തകളും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ധ്യാനവും ചിന്തകളും മനസ്സിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നു എങ്കിൽ മറ്റുള്ളവർ നമ്മെ മറ്റുള്ളവർ നമ്മോട് എന്തെങ്കിലും ദൈവത്തിന്റെ വചന ഉദ്ധരിച്ച് അവരെ ഞാൻ എന്തിനു വിലമതിക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനോട് സമ്മതിക്കുക കർത്താവെ ഞാൻ ഒന്നും സ്പഷ്ടമായിട്ട് കാണുന്നില്ല എനിക്ക് ഈ ഒരു വ്യക്തത ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ക്ലൂ ഇല്ല കർത്താവെ ഞാനിതാ ഇന്ന് എനിക്ക് കാഴ്ചയ്ക്കായിട്ട് കർത്താവെ വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് കർത്താവെ രണ്ടാമതങ്ങ് എൻ്റെ കണ്ണിനെ തൊടണം കർത്താവ് എനിക്ക് ഈ കാര്യങ്ങളെ സ്പഷ്ടമായിട്ട് കാണണം ഈ വഴി എനിക്ക് സ്പഷ്ടമായിട്ട് കാണണം ആ വഴിയിലൂടെ എനിക്ക് മുമ്പോട്ട് പോകണം അത് കർത്താവ് എൻ്റെ സ്വയത്തെ വിട്ടുകളയുന്നതാണ് കർത്താവ് എൻ്റെ ഇഷ്ടത്തെ ഞാൻ ത്യജിക്കുന്നതാണ് ആ വഴിയിൽ കർത്താവ് എനിക്ക് സ്വസ്ഥതയുണ്ട് പ്രിയസരസവരന്മാരെ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ നമ്മൾ എത്രയോ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു വാക്യം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ഈ ഒരു വാക്യം എന്ന് നാം അറിയുന്നു അതെ ഇത് നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ അറിയുമെങ്കിൽ നമ്മൾ എന്തിനാ ജീവിതത്തിൻ്റെ ദൈവം നമുക്ക് സന്തോഷമുള്ള ദൈവത്തിൻ്റെ കൃപയിൽ വളരുന്ന താഴ്മയുള്ള സ്വസ്ഥതയുള്ള ഒരു ജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് അതിൽ അതിൽ നമുക്കുണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് ആ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയാലും അതിൻ്റെ മധ്യത്തിൽ ദൈവം എനിക്ക് ദൈവമുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എൻ്റെ നന്മയ്ക്കായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഞാനെന്തിനെ അസ്വസ്ഥനാവുന്നത് ഞാൻ എന്തിനെ അസമാധാനപ്പെടുന്നത് ഞാൻ എന്തിനാ എൻ്റെ സ്വന്തം ശക്തിയിൽ ഇതിനെതിരെ പോരാടുന്നത് ദൈവം മതിയായവനാണ് ദൈവം നല്ലവനാണ് നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ഒരു കാഴ്ചയ്ക്കായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും നമുക്ക് വ്യക്തതയോടെ ഈ വഴിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മെ കൂടുതലായിട്ട് ദൈവം സഹായിക്കട്ടെ ആമി